തങ്ങൾ സമ്പാദിച്ച കാര്യങ്ങളെക്കുറിച്ച് അക്രമികൾ ഭയപ്പെടുന്നത് നീ കാണും അതവർക്ക് സംഭവിക്കുക തന്നെ ചെയ്യും എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ സ്വർഗ്ഗത്തോപ്പുകളിലായിരിക്കും അവരുടെ രക്ഷിതാവിങ്കൽ അവർ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് ലഭിക്കും അതാണ് മഹത്തായ അനുഗ്രഹം